അധ്യായം ഇരുപത് ത്വാഹ മക്കയിൽ അവതരിച്ചത് ഒന്നാം സൂക്തത്തിലെ ത്വാഹ എന്ന അക്ഷര തന്നെയാണ് ഈ അധ്യായ നാമത്തിന് നിദാനം ഓഹ് ത്വാഹ നിനക്ക് നാം കുർആാൻ അവതരിപ്പിച്ചു നീ കഷ്ടപ്പെടാൻ വേണ്ടിയല്ല ഭയപ്പെടുന്നവർക്ക് ഉത്ബോധനം നൽകാൻ വേണ്ടി മാത്രമാണ് അത് ഭൂമിയും ഉന്നതമായ ആകാശങ്ങളും സൃഷ്ടിച്ചവന്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതത്രേ അത് പരമകാരുണികൻ സിംഹാസനസ്ഥ അവനുള്ളതാകുന്നു ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവക്കിടയിലുള്ളതും മണ്ണിനടിയിലുള്ളതുമെല്ലാം وإن تجاهر بالقول فإنه يعلم السر وأخفى நீ வாக்கு உச்சதிராக்குயாங்கில் தீர்ச்சையா யும் அல்லாஹ் ரஹஸ்யமாயதும் अत्यந்த நிகூடம் ஆயதும் அறியும் என்று நீ മനസ്സിലാക്കുക அல்லாஹ் لا اله الا هو وله الاسماء الحسنى அல்லாஹ் അവനല്ലാതെ ഒരു ദൈവവുമില്ല അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ വർത്തമാനം നിനക്ക് വന്നു കിട്ടിയോ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 നീ നിന്റെ ചെരിപ്പുകൾ അഴിച്ചു വെക്കുക നീ തുവ എന്ന പരിശുദ്ധ താഴ്വരയിലാകുന്നു ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു അതിനാൽ ബോധനം നൽകപ്പെടുന്നത് നീ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക إنني أنا الله لا إله إلا أنا تعبدني وأقم الصلاة لذكري تيرچا <تصفيق> يأيوم نعان آغن نو الله نعان الله ده برو ديوه ملا آدينال إنني آراد كوغيوم إنne اورمي كوند دنائي نامسكارم مرابول نروح كوغيوم چيوغا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 അള്ളാഹു പറഞ്ഞു ഹേ മൂസ നിന്റെ വലതുകൈയിലുള്ള ആ വസ്തു എന്താകുന്നു അദ്ദേഹം പറഞ്ഞു ഇത് എന്റെ വടിയാകുന്നു ഞാൻ അതിന്മേൽ ഊന്നി നിൽക്കുകയും അതുകൊണ്ട് എന്റെ ആടുകൾക്ക് ഇല അടിച്ചു വീഴ്ത്തി കൊടുക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് വേറെയും ഉപയോഗങ്ങളുണ്ട് അള്ളാഹു പറഞ്ഞു ഹേ മൂസ നീ ആ വടി അദ്ദേഹം അത് താഴയിട്ടു അപ്പോഴതാ അതൊരു പാമ്പായി ഓടുന്നു അവൻ പറഞ്ഞു അതിനെ പിടിച്ചുകൊള്ളുക നാം അതിനെ ആദ്യ സ്ഥിതിയിലേക്ക് തന്നെ മടക്കുന്നതാണ് നീ നിന്റെ കൈ കക്ഷത്തിലേക്ക് ചേർത്തു യാതൊരു ദൂഷ്യവും കൂടാതെ തെളിഞ്ഞ വെള്ളനിറമുള്ളതായി അത് പുറത്തു വരുന്നതാണ് അത് മറ്റൊരു ദൃഷ്ടാന്തമത്രേ നമ്മുടെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് നിനക്ക് നാം കാണിച്ചു തരുവാൻ വേണ്ടി അത്രേ അത് നീ ഫിർ അടുത്തേക്ക് പോകുക തീർച്ചയായും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 യും ചെയ്യണമേറോ ഞങ്ങൾ ധാരാളമായി നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുവാനും ധാരാളമായി നിന്നെ ഞങ്ങൾ സ്മരിക്കുവാനും വേണ്ടി തീർച്ചയായും നീ ഞങ്ങളെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു അള്ളാഹു പറഞ്ഞു നീ ചോദിച്ചത് നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നു മറ്റൊരിക്കലും നിനക്ക് നാം അനുഗ്രഹം ചെയ്തു തന്നിട്ടുണ്ട് மீகமா யுஹா அதாயது நின்ட மாதாவினு போதனம் nlmகப்படേണ്ട காரியம் நாம் போதனம்}\\nnlmகிய సందర్భத்தில் அனி குதி فيه في التابوت فقذ فيه في اليم فليلقه اليم بالساحل فليلقه اليم بالساحل ياخذه عدو لوعده നീ കുട്ടിയെ പെട്ടിയിലാക്കിയിട്ട് നദിയിലേക്ക് ഇട്ടേക്കുക നദി ആ പെട്ടി കരയിൽ തള്ളിക്കൊള്ളും എനിക്കും അവനും ശത്രുവായിട്ടുള്ള ഒരാൾ അവനെ എടുത്തുകൊള്ളും ഹേ മൂസ എന്റെ പക്കൽ നിന്നുള്ള സ്നേഹം നിന്റെ മേൽ ഞാൻ ഇട്ടുതരികയും ചെയ്തു എന്റെ നോട്ടത്തിലായിക്കൊണ്ട് നീ വളർത്തിയെടുക്കപ്പെടാൻ വേണ്ടിയും കൂടിയാണത് നിന്റെ സഹോദരി നടന്നു ചെല്ലുകയും ഇവൻ്റെ സംരക്ഷണമേൽക്കാൻ കഴിയുന്ന ഒരാളെപ്പറ്റി ഞാൻ നിങ്ങൾക്കറിയിച്ചു തരട്ടെയോ എന്ന് പറയുകയും ചെയ്യുന്ന സന്ദർഭം ശ്രദ്ധേയമാകുന്നു അങ്ങനെ നിന്റെ മാതാവിങ്കിലേക്ക് തന്നെ നിന്നെ നാം തിരിച്ചേൽപ്പിച്ചു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 അവൻ ഒരു വേള ചിന്തിച്ച് മനസ്സിലാക്കിയേക്കാം അല്ലെങ്കിൽ ഭയപ്പെട്ടുവെന്ന് വരാം അവർ രണ്ടുപേരും പറഞ്ഞു ഞങ്ങളുടെ രക്ഷിതാവേ ഫിർ ഞങ്ങളുടെ നേർക്ക് എടുത്തു ചാടുകയോ അതിക്രമം കാണിക്കുകയോ ചെയ്യുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു അള്ളാഹു പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് അതിനാൽ നിങ്ങൾ ഇരുവരും അവന്റെ അടുത്ത് ചെന്നിട്ട് പറയുക തീർച്ചയായും ഞങ്ങൾ നിന്റെ രക്ഷിതാവിന്റെ ദൂതന്മാരാകും അതിനാൽ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 മൂസ പറഞ്ഞു ഓരോ വസ്തുവിനും അതിന്റെ പ്രകൃതം നൽകുകയും എന്നിട്ട് അതിന് വഴി കാണിക്കുകയും ചെയ്തവനാരോ അവനത്രെ ഞങ്ങളുടെ രക്ഷിതാവ് അവൻ പറഞ്ഞു അപ്പോൾ മുൻ തലമുറകളുടെ അവസ്ഥ എന്താണ്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 الَّذِي جَعَلَ لَكُمُ الْأَرْضَ مَهْدًا وَسَلَكَ لَكُمْ فِيهَا سُبُلًا وَأَنْزَلَ مِنَ السَّمَاءِ مَاءً فَأَخْرَجْنَا بِهِ أَزْوَاجًا مِّن نَبَاتٍ شَتَّى نِنْغَلْكُو وَيَنْدِي بھومي يَ تُوْتِّلَ آكُوْ جَيَ نِنْغَلْكُوْ أَدِلْ وَلِيَغَلْ أَيَرْبَدُتِّي تَرِيْجَ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 എന്നിട്ട് ഫിർ അവൻ തിരിഞ്ഞുപോയി തന്റെ തന്ത്രങ്ങൾ സംഘടിപ്പിച്ചു എന്നിട്ടവൻ നിശ്ചിത സമയത്ത് വന്നു മൂസ അവരോട് പറഞ്ഞു നിങ്ങൾക്കു നാശം നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കരുത് ഏതെങ്കിലും ഒരു ശിക്ഷ മുഖേന അവൻ നിങ്ങളെ ഉന്മൂലനം ചെയ്തേക്കും കള്ളം കെട്ടിച്ചമച്ചവനാരോ അവൻ തീർച്ചയായും പരാജയപ്പെട്ടിരിക്കുന്നു ഇത് കേട്ടപ്പോൾ ളുകൾ തമ്മിൽ അവരുടെ കാര്യത്തിൽ ഭിന്നതയിലായി അവർ രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു ചർച്ചയ്ക്ക് ശേഷം അവർ പറഞ്ഞു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 അവരുടെ കയറുകളും വടികളുമെല്ലാം ഓടുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു അപ്പോൾ മൂസാക്കു തന്റെ മനസ്സിൽ ഒരു പേടി തോന്നി നാം പറഞ്ഞു പേടിക്കേണ്ട നീ തന്നെയാണ് കൂടുതൽ ഔന്നത്യം നേടുന്നവൻ നിന്റെ വലതു കൈയിലുള്ള വടി നീ ഇട്ടേക്കുക അവർ ഉണ്ടാക്കിയതെല്ലാം അത് വിഴുങ്ങിക്കൊള്ളും അവരുണ്ടാക്കിയത് ജാലവിദ്യക്കാരന്റെ തന്ത്രം മാത്രമാണ് ജാലവിദ്യക്കാരൻ എവിടെ ചെന്നാലും വിജയിയാവുകയില്ല ഉടനെ ആ ജാലവിദ്യക്കാർ പ്രണമിച്ചുകൊണ്ട് താഴെ വീണു അവർ പറഞ്ഞു ഞങ്ങൾ ഹാറൂന്റെയും മൂസായുടേയും രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു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 ഞാൻ നിങ്ങൾക്ക് സമ്മതം തരുന്നതിന് മുമ്പ് നിങ്ങൾ അവനെ വിശ്വസിച്ചു കഴിഞ്ഞെന്നോ തീർച്ചയായും നിങ്ങൾക്ക് ജാലവിദ്യ പഠിപ്പിച്ചു തന്ന നിങ്ങളുടെ നേതാവ് തന്നെയാണവൻ ആകയാൽ തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു ഈന്തപ്പന തടികളിൽ നിങ്ങളെ ക്രൂശിക്കുകയും ചെയ്യുന്നതാണ് ഞങ്ങളിൽ ആരാണ് ഏറ്റവും കഠിനമായതും നീണ്ടു നിൽക്കുന്നതുമായ ശിക്ഷ നൽകുന്നവൻ എന്ന് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും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 ും എന്നും നിലനിൽക്കുന്നവനും തീർച്ചയായും വല്ലവനും കുറ്റവാളിയായിക്കൊണ്ട് തന്റെ രക്ഷിതാവിന്റെ അടുത്ത് ചെല്ലുന്ന പക്ഷം അവനുള്ളത് നരകമത്രേ അതിലവൻ മരിക്കുകയില്ല ജീവിക്കുകയുമില്ല സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചിട്ടാണ് വല്ലവനും അവൻ്റെ അടുത്ത് ചെല്ലുന്നതെങ്കിൽ അത്തരക്കാർക്കുള്ളതാകുന്നു ഉന്നതമായ പദവികൾ അതായത് താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്ന സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകൾ അവരതിൽ നിത്യവാസികളായിരിക്കും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 അപ്പോൾ കടലിൽ നിന്ന് അവരെ ബാധിച്ചതെല്ലാം അവൻ തന്റെ ജനതയെ ദുർമാർഗത്തിലാക്കി അവൻ നേർവഴിയിലേക്ക് നയിച്ചില്ല ും ഇസ്രായേൽ സന്തതികളെ നിങ്ങളുടെ ശത്രുവിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തുകയും തൂർപർവ്വതത്തിൻ്റെ വലതുഭാഗം നിങ്ങൾക്ക് നാം നിശ്ചയിച്ചു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 പിന്നെ നേർമാർഗത്തിൽ നിലകൊള്ളുകയും ചെയ്തവർക്ക് തീർച്ചയായും ഞാൻ ഏറെ പൊറത്തുകൊടുക്കുന്നവനത്രേക അള്ളാഹു ചോദിച്ചു ഹേ മൂസ നിന്റെ ജനങ്ങളെ വിട്ടേച്ച് നീ ധൃതിപ്പെട്ടു വരാൻ കാരണമെന്താണ് അദ്ദേഹം പറഞ്ഞു അവരിതാ എന്റെ പിന്നിൽ തന്നെയുണ്ട് എന്റെ രക്ഷിതാവെ നീ തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്റെ അടുത്തേക്ക് ധൃതിപ്പെട്ടു വന്നിരിക്കുന്നത് നീ പോന്ന ശേഷം നിന്റെ ജനതയെ നാം പരീക്ഷിച്ചിരിക്കുന്നു സാമിരി അവരെ വഴിതെറ്റിച്ചു കളഞ്ഞിരിക്കുന്നു അപ്പോൾ മൂസ തൻ്റെ ജനങ്ങളുടെ അടുത്തേക്ക് കുപിതനും ദുഃഖിതനുമായി കൊണ്ട് തിരിച്ചു ചെന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ ജനങ്ങളെ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 ിൽ ജീനത്തിൽ അവർ പറഞ്ഞു ഞങ്ങൾ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 അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ജനങ്ങളെ ഈ കാളക്കുട്ടി മൂലം നിങ്ങൾ പരീക്ഷിക്കപ്പെടുക മാത്രമാണ് ഉണ്ടായത് തീർച്ചയായും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 ിന്നിപ്പുണ്ടാക്കി കളഞ്ഞു എന്റെ വാക്കിന് നീ കാത്തുനിന്നില്ല എന്ന് നീ പറയുമെന്ന് ഞാൻ ഭയപ്പെടുകയാണുണ്ടായത് തുടർന്ന് അദ്ദേഹം പറഞ്ഞു ഹേ സാമിരി നിന്റെ കാര്യം എന്താണ്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 قَالَ فَذْهَبْ فَإِنَّ لَكَ فِي الْحَيَاةِ أَنْ تَقُولَ لَا مِسَاسَ وَإِنَّ لَكَ مَوْعِدًا لَنْ تُخْلَفَهُ وَاْبْرَأْ إِلَى إِلَهِكَ الَّذِي ضَلْتَ عَلَيْهِ عَاكِفًا لَا نُحَدِّقُهُ ثُمَّ لَنَنْسَفَنَّهُ بِالْيَمِّ مِنَ السَّمَاءِ മൂസ പറഞ്ഞു എന്നാൽ നീ പോകൂ തീർച്ചയായും നിനക്ക് ഈ ജീവിതത്തിലുള്ളത് തൊട്ടുകൂടാ എന്ന് പറയലായിരിക്കും തീർച്ചയായും നിനക്ക് നിശ്ചിതമായ ഒരു അവധിയുണ്ട് അത് അതിലംഘിക്കപ്പെടുകയേ നീ പൂജിച്ചുകൊണ്ടേയിരിക്കുന്ന നിൻ്റെ ആ ദൈവത്തിൻ്റെ നേരെ നോക്കൂ തീർച്ചയായും നാം അതിനെ ചുട്ടരിക്കുകയും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 അപ്രകാരം മുമ്പ് കഴിഞ്ഞുപോയ സംഭവങ്ങളെപ്പറ്റിയുള്ള വൃത്താന്തങ്ങളിൽ നിന്ന് നാം നിനക്ക് വിവരിച്ചു തരുന്നു തീർച്ചയായും നാം നിനക്ക് നമ്മുടെ പക്കൽ നിന്നുള്ള ബോധനം നൽകിയിരിക്കുന്നു ആരെങ്കിലും അതിൽ നിന്ന് തിരിഞ്ഞുകളയുന്ന പക്ഷം തീർച്ചയായും നാളിൽ അവൻ പാപത്തിന്റെ ഭാരം വഹിക്കുന്നതാണ് അതിൽ അവർ നിത്യവാസികളായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അതായത് കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം കുറ്റവാളികളെ അന്നേ ദിവസം നീലവർണമുള്ളവരായിക്കൊണ്ട് നാം ഒരുമിച്ചു കൂട്ടുന്നതാണ്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 അവൻ അല്ലാതെ ശുപാർശ പ്രയോജനപ്പെടുകയില്ല അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നു അവർക്കാകട്ടെ അതിനെപ്പറ്റിയൊന്നും പരിപൂർണമായി അറിയാനാവുകയില്ല എന്നെന്നുംിച്ചിരിക്കുന്നവനും ആയുള്ളവന് മുഖങ്ങൾ കീഴൊതുങ്ങിയിരിക്കുന്നു അക്രമത്തിന്റെ ഭാരം ചുമന്നവൻ പരാജയമടയുകയും ചെയ്തിരിക്കുന്നു ആരെങ്കിലും സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങളിൽ വല്ലതും പ്രവർത്തിക്കുന്ന പക്ഷം അവൻ അക്രമത്തെയോ അനീതിയെയോ ഭയപ്പെടേണ്ടി വരില്ല അപ്രകാരം അറബിയിൽ പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമായി നാം ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു ഇതിൽ നാം താക്കീത് വിവിധ തരത്തിൽ വിവരിച്ചിരിക്കുന്നു അവർ സൂക്ഷ്മതയുള്ളവരാകുകയോ അവർക്ക് ബോധമുളവാക്കുകയോ ചെയ്യുന്നതിനു വേണ്ടി സാക്ഷാൽ രാജാവായ അള്ളാഹു അത്യുന്നതനായിരിക്കുന്നു ഖുർആാൻ നിനക്ക് ബോധനം നൽകപ്പെട്ടു കഴിയുന്നതിനു മുമ്പായി അത് പാരായണം ചെയ്യുന്നതിന് നീ ധൃതി കാണിക്കരുത് എന്റെ രക്ഷിതാവേ എനിക്കു നീ ജ്ഞാനം വർദ്ധിപ്പിച്ചു തരേണമേ എന്ന് നീ പറയുകയും ചെയ്യുക മുമ്പ് നാം ആദമിനോട് കരാർ ചെയ്യുകയുണ്ടായി എന്നാൽ അദ്ദേഹം അത് മറന്നു കളഞ്ഞു അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യമുള്ളതായി നാം കണ്ടില്ല നിങ്ങൾ ആദമിന് സുജോതി ചെയ്യൂ എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമത്രേ അപ്പോൾ അവർ സുജോതി ചെയ്തു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 قال كذلك تتك اياتنا فنسيتها وكذلك اليوم نسى الله بريء அங்கன തന്നെയാഗു നിനക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വന്നെത്തുയായി ഉണ്ടായി എന്നിട്ട് നീ അത് മറന്നു കളഞ്ഞു അതുപോലെ ഇന്നു നീയും വിസ്മരിക്കപ്പെടുന്നു وكذلك نجزي من اسرف ولم يؤمن بايات ربه യും തന്റെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്തവർക്ക് അപ്രകാരമാണ് നാം പ്രതിഫലം നൽകുന്നത് പരലോകത്തെ ശിക്ഷ കൂടുതൽ കഠിനമായതും നിലനിൽക്കുന്നതും തന്നെയാകുന്നു അവർക്കു മുമ്പ് നാം എത്രയോ തലമുറകളെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് എന്ന വസ്തുത അവർക്ക് മാർഗദർശകമായിട്ടില്ലേ അവരുടെ വാസസ്ഥലങ്ങളിൽ കൂടി ഇവർ സഞ്ചരിച്ചു ബുദ്ധിമാന്മാർക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് وَلَوْلَا كَلِمَةٌ سَبَقَتْ مِ الرَّبِّكَ لَكَانَ لِزَامًا وَأَجَلٌ مُسَمَّا نِنْدَ رَجْشِدَا وِنْجَلْ نِنَّ وَرُوَاكُمْ نِسْجِدَمَآيَا وَرُوَاكُمْ مُنْبَي پرَكْيَابِكَ پَتِّلْ لَا إِرُنُّوَنْجِلْ سَتْشَانَ عَدَبَدِي إِوَرْكُمْ أَنِوَارْيَ مَاگُمْ آِ ആയതിനാൽ ഇവർ പറയുന്നതിനെ പറ്റി ക്ഷമിക്കുക സൂര്യോദയത്തിനു മുമ്പും സൂര്യാസ്തമയത്തിനു മുമ്പും നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ നീ പ്രകീർത്തിക്കുകയും ചെയ്യുക രാത്രിയിൽ ചില നാഴികകളിലും പകലിന്റെ ചില ഭാഗങ്ങളിലും നീ അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക നിനക്ക് സംതൃപ്തി കൈവന്നേക്കാം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 നിന്റെ കുടുംബത്തോട് നീ നമസ്കരിക്കാൻ കൽപ്പിക്കുകയും നമസ്കാരത്തിൽ നീ ക്ഷമാപൂർവം ഉറച്ചു നിൽക്കുകയും ചെയ്യുക നിന്നോട് നാം ഉപജീവനം ചോദിക്കുന്നില്ല നാം നിനക്ക് ഉപജീവനം നൽകുകയാണ് ചെയ്യുന്നത് ധർമ്മനിഷ്ഠയ്ക്കാകുന്നു അവർ പറഞ്ഞു പ്രവാചകൻ എന്തുകൊണ്ട് ഞങ്ങൾക്ക് തന്റെ രക്ഷിതാവിങ്കൽ നിന്ന് ഒരു ദൃഷ്ടാന്തം കൊണ്ടുവന്നു തരുന്നില്ല പൂർവഗ്രന്ഥങ്ങളിലെ പ്രത്യക്ഷമായ തെളിവ് അവർക്ക് വന്നു കിട്ടിയിട്ടില്ലേ وَلَوْ أَنَّا أَهْلَتْنَاهُمْ بِعْذَابِمْ مِنْ قَبْلِهِ لَقَالُوْ لَقَالُوْ رَبَّنَا لَوْ لَا أَرْسَلْتَ إِلَيْنَا رَسُولًا فَنَتَّبِعَ آيَاتِكَ مِنْ قَبْلِ أَنَّ دِلَّ وَنَخْزًا إِدْنُ مُمْبِ وَلَّا سِرْشَ كُنْدُمْ نَامْ أَوَرَى نَشِبِّتِّرِنُّ وَيَنْكِلْ أَو